അവർ തങ്ങളുടെ കരാർ ലംഘിച്ചതിനാൽ നാം അവരെ ശപിച്ചു അവരുടെ ഹൃദയങ്ങളെ നാം കഠിനമാക്കി അവർ വാക്കുകളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്നു മാറ്റുന്നു അവർക്കു നൽകപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളിൽ വലിയൊരു ഭാഗം അവർ മറന്നുപോയി അവരിൽ ചുരുക്കം ചിലരൊഴികെ അവരുടെ വഞ്ചനകളിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും അതിനാൽ നിങ്ങളവരോട് ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യുക തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവത്തെ ആല സൽക്കരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു